തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ഈസാ അലി ഉദാഹരണം ആദം അലിഹിസലാമിന്റെ ഉദാഹരണം പോലെയാണ് അവൻ അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നീട് അവനോടുണ്ടാകൂ എന്ന് പറഞ്ഞു ഉടനെ അവനുണ്ടായി